കുറേ വർഷം മുമ്പ് പാലക്കാട് വിജ്ഞാനരമിണി ആശ്രമത്തില് മഹർഷിയുടെ കൃതികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുടുംബക്കാർ വരും അവരുടെ രണ്ട് കുട്ടികൾ ചെറിയ കുട്ടികൾ കിടന്നുറങ്ങും കേട്ടുകൊണ്ടിരിക്കും പിന്നെ കിടന്നുറങ്ങും മുമ്പിൽ അപ്പോഴൊക്കെ പറഞ്ഞു പറയും ഓരോ വികാരം വരുമ്പോഴും ഈ വികാരം ആർക്ക് എന്ന് നോക്ക വികാരം എനിക്ക് വരണു ദേഷ്യം വരണു ആർക്കാ എനിക്ക്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 अवे मताना प्रकाशिक्षम अभिमान अल अहम कुति चिंवत अयपत्यहम निज विचारण अहमिनाशभाज्य अहमहम तया स्फुतिवय परमपूर्ण सत्मपूर्ण आय सत्यम अवे तान प्रकाशिक अद अहम पड़ू स्वनविड स्वयं प्रकाशम आ स्वयं प्रकाशम അത് താനേ അവിടെ പ്രകാശിക്കും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും പറഞ്ഞു ഈ കുട്ടികളെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അപ്പൊ വീട്ടിൽ പോയപ്പോ അവരുടെ അമ്മ എന്തിനോ ചീത്ത ഒരു ദിവസം കുട്ടിക്ക് ആറു വയസ്സോ ഏഴു വയസ്സായിട്ടുള്ളു ദേഷ്യപ്പെട്ട അമ്മ വല്ലാതെ ദേഷ്യം പിടിച്ചിരിക്കുക കുട്ടിക്ക് ദേഷ്യൊന്നുമില്ല കുട്ടി എന്തോ കുറുമ്പ് കാണിക്ക അമ്മ ഒരുപാട് ദേഷ്യപ്പെട്ട് ചീത്തയൊക്കെ പറഞ്ഞപ്പോ കുട്ടി കൂളായിട്ട് എഴുന്നേറ്റം നിന്ന് പറഞ്ഞു ഈ ദേഷ്യം വരണത് ആർക്കാന്ന് വിചാരം ചെയ്ത് നോക്കുന്നു അവർ പറഞ്ഞു ഞാൻ സ്തംഭിച്ചു പോയി എന്നാണ് എന്നുവെച്ചാൽ ആ അവൻ എനിക്ക് ഗുരുവായിട്ട് പെട്ടെന്ന് ഞാൻ ആത്മവിചാരം ധ്യാനമൊക്കെ ചെയ്യുന്നതാണെങ്കിലും മറന്നുപോയി അവന് ദേഷ്യപ്പെട്ടു നിൽക്കുമ്പോഴാണ് ഇവൻ പറയണത് ഈ ദേഷ്യം വരണത് ആർക്കാണെന്ന് വിചാരം ചെയ്തു ആ ക്ഷണം ഞാനത് ഒരു അവൻ പറയണു എന്ന് കളിയാക്കലായിട്ട് എടുത്തില്ല ആ സന്ദർഭത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈ പാമ്പ് പൊത്തിൻ്റെ ഉള്ളിൽ പോയി മുളഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല എപ്പോ അത് തല പുറത്തേക്ക് ഇടണോ അപ്പോഴാണ് പിടിക്കേണ്ടത് അതുപോലെ ഈ അഭിമാന വൃത്തി മനസ്സിന്റെ കണ്ടെൻസ്ഡ് ഫോമാണ് മനസ്സ് പിരിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല മനസ്സ് അനേക വിചാരങ്ങളായി പിരിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല എപ്പോഴാണോ നമുക്ക് പ്രബലമായി അഹംവൃത്തി തോന്നണത് ഈ അഹം വൃത്തിയാണ് യാത്രയ്ക്കുള്ള നടവഴി ഈ അഹംവൃത്തി പ്രബലമായിട്ട് തോന്നുമ്പോൾ നമ്മളെ ആരെങ്കിലും നിന്ദിക്കുമ്പോൾ ചീത്ത പറയുമ്പോ അതുകൊണ്ടാണ് ഈ പാരിവ്രജ്യം ഒക്കെ എടുക്കണതെ സന്യാസികൾ എന്താന്ന് നിന്ദയും ചീത്തയും കേൾക്കുമ്പോ നമ്മളുടെ ഉള്ളിലുള്ള ഈ അഹംവൃത്തിയുടെ ചലനം നല്ലവണ്ണം നമുക്ക് കാണാം അപ്പോഴാണ് ആത്മവിചാരം ചെയ്യാനും താൻ ഇതല്ലെന്നു അറിയാനും ഒക്കെ അല്ലെങ്കിൽ സാധിക്കില്ല അസമ്മാനാത്തു തപോവൃദ്ധി സമ്മാനത്തു തപക്ഷയ എന്ന് ഭാരതത്തില് ഭീഷ്മർ പറയും ഈ അസമ്മാനം അപമാനിക്കും തോറും നമുക്ക് തപസ് വൃത്തിയാകും എങ്ങനെയാന്ന് വെച്ചാൽ അപമാനപ്പെടുന്നത് നെരേ മറിച്ച് അപമാനിക്കുമ്പോ നമുക്ക് നല്ലവണ്ണം നമ്മളുടെ അഭിമാനം ഉദിക്കുന്നത് അറിയാം ആ അഭിമാനം ഞാനല്ലെന്നറിയാനും അഭിമാനത്തിനെ ഉദിക്കുന്നിടത്ത് അടക്കിക്കളയാനും ഒക്കെ അതാണ് തപസ് തപസ് എന്ന് പറഞ്ഞാൽ അഹം അപേതകം നിജവിഭാനകം മഹതിതം തപ ഈ അഹം അപേ അഹം ലയിക്കുന്നതാണ് തപസ് അഹങ്കാരം തോന്നാത്ത സ്ഥിതിയിൽ നിൽക്കുന്നതാണ് സോഴ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി എല്ലാ ക്രിയേറ്റിവിറ്റിയും സർഗാത്മകത എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഉണ്ടാവണതാ അഹങ്കാരം ഉദിക്കുമ്പോൾ അത് പോയി പോകും അപ്പോ അഹങ്കാരത്തിന്റെ പിറപ്പടത്തിനെ ജാഗ്രതയോടെ ശ്രദ്ധിക്കലും സുഷുപ്തിയിൽ അത് അടങ്ങുന്നത് കൊണ്ടാണ് ശരീരവും മനസ്സും ഒക്കെ മറിഞ്ഞ് ഞാൻ എന്നുള്ള അഭിമാനവൃത്തി അടങ്ങുമ്പോഴാണല്ലോ ഉറക്കം അവിടെ ആ സുഖം വരാൻ കാരണതാ എഴുന്നേൽക്കുമ്പോൾ എന്തായി ഞാൻ എന്നുള്ള അഭിമാന വൃത്തി ഉദിച്ചു ബോധപൂർവം ഈ അഭിമാനവൃത്തിയെ ഉദിക്കുന്നിടത്തിൽ അടക്കാമെങ്കിൽ ഹൃദയസ്ഥാനത്തിൽ ലയിക്കാം ലയിപ്പിക്കാമെങ്കിൽ അതെവിടെ ഉദിക്കുന്നു എന്ന് ശ്രദ്ധിച്ച് ചെന്നാൽ കാണാം അഭിമാന വൃത്തി ഇല്ലാതാവണതുകൊണ്ട് ഞാൻ എനിക്കൊരു കുറവില്ല പലപ്പോഴും ധ്യാന യോഗസാധനയിൽ ഇരിക്കുന്നവർക്ക് ഈ ഘട്ടത്തിൽ ഭയം തോന്നി പലരും പറയും വല്ലാത്ത പേടി തോന്നുന്നു എന്നാണ് എന്താണെന്ന് വെച്ചാൽ ഈ അഭിമാന വൃത്തിയാണ് ഞാൻ എന്നുള്ള ഒരു അജ്ഞാന നിശ്ചയം എവിടെയോ ഉള്ളിലുണ്ട് അപ്പൊ ഇതങ്ങോട്ട് പോകുമ്പോ വല്ലാത്ത പേടി തോന്നാം അഭയേ ഭയദർശന ഭയപ്പെടാൻ പാടില്ലാത്തതിനെ ഭയപ്പെടുകയാണ് ഉള്ളിൽ വല്ലാത്തൊരു ഒരു വിറയൽ എന്താന്ന് വെച്ചാൽ അയ്യോ ഞാനില്ലാതാവൂ അല്ലോ ഞാൻ പോവുമല്ലോ എന്നാണ് അവിടെയാണ് നല്ല വണ്ണം വേദാന്ത ശ്രവണം ചെയ്ത് അറിയേണ്ടത് ഈ അഭിമാന ഞാനല്ല അത് പോണത് കൊണ്ട് എനിക്കൊരു കുറവില്ലെന്ന് മാത്രമല്ല അത് പോയാലേ ഞാൻ പൂർണമാവുള്ളൂ വൈഷ്ണവഴുവാർ ശ്ലോകം ചൊല്ലി ഞാൻ നമ്മഴു പരമഭക്തനായിരുന്നു പരമ ജ്ഞാനിയായിരുന്നു ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ കുട്ടി അടുത്തൊരു പുളിമരത്തിൻ്റെ ചോട്ടിൽ പോയിരുന്നു മൗനമായി സമാധിസ്ഥിതനായിരുന്നു എന്നാണ് കഥ മിണ്ടിയില്ല പതിനാറ് വയസ്സ് വരെ മിണ്ടിയൊന്നുമില്ല ആഴ്വാർ എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം ആഴ്ന്നിരിക്കുന്നവൻ എന്നർത്ഥം തന്നിലാഴുന്നിരിക്കുന്നവൻ ജ്ഞാനികളെ പുറത്തു കൊണ്ടുവരാൻ പ്രകൃതിക്ക് ആരെങ്കിലുമൊക്കെ പ്രകൃതി നിയോഗിക്കും അവരായിട്ട് പുറത്തു അവരായിട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങുകയോ ഒന്നും ചെയ്യാൻ സാധ്യമ സാധ്യതയില്ല എന്താണെന്ന് വെച്ചാൽ ഈ മിഷൻ എന്ന് പറയുന്നത് തന്നെ വരണമെങ്കിൽ നമുക്കിത്തിരി അഭിമാനം വേണം വിവേകാനന്ദ സ്വാമികൾ പോലും പാശ്ചാത്യത്തിലേക്ക് പോയതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല പലവട്ടം വേണ്ട വെച്ചത് അദ്ദേഹം എന്നിട്ടും അദ്ദേഹത്തിന് ചില ദർശനങ്ങൾ ഉണ്ടാവുകയും അവസാനം ശാരദാദേവി വിളിച്ച് പറയുകയും ചെയ്തു നീ പോകണം എന്ന് പറഞ്ഞ് ആജ്ഞാപിച്ച ശേഷാണ് അദ്ദേഹം പുറപ്പെടുന്നത് ഇഷ്ടണ്ടായിട്ടല്ല അപ്പോ നമ്മാഴുകാർ ഒന്നുമിണ്ടാതെ മൗനമായി മൗന ഘനാമൃതാബ്ദി എന്ന് ഗുരുദേവൻ പറഞ്ഞല്ലോ ആ നിശ്ചലസുഖസമുദ്രത്തില് രമിച്ച് ഒരു പുളിമരത്തിൻ്റെ ചവിട്ടിലിരിക്കയാണ് ആഴ്വാർ തിരുനഗരി എന്നാണ് ഇന്ന സ്ഥലത്തിന് പേര് ആഴ്വാർ ജനിച്ച സ്ഥലമായതുകൊണ്ട് അപ്പോ മധുരകവി എന്ന് പറയുന്ന ഒരു ഭക്തൻ തനിക്ക് ഭഗവത് സാക്ഷാത്കാരത്തിനായി ആശിച്ച് മുമുക്ഷുവായി ജിജ്ഞാസുവായി ഗുരുവിനെ അന്വേഷിച്ച് വടക്കുദേശത്തൊക്കെ നടക്കാണ് അപ്പോ നമ്മളുടെ ഉള്ളില് ജിജ്ഞാസ ഉണ്ടെങ്കിൽ അനുഗ്രഹ ശക്തി വഴി കാണിച്ചു തരും പലപ്പോഴും ചോദിക്കണോ ഈ കാലത്തൊക്കെ ഗുരുവിനെ കിട്ടുമോ ഈ കാലത്തൊക്കെ നമുക്ക് ഇതൊക്കെ അനുഭവിക്കാനുള്ളതൊക്കെ കിട്ടും ഈ കാലമൊന്നുമില്ല പ്രകൃതിയുടെ ഭഗവാന്റെ പഞ്ചകൃത്യം എന്ന് പറയും ഈ പഞ്ചകൃത്യത്തിലെ പഞ്ചമ കൃത്യമാണ് ജിജ്ഞാസുവായൊരു ജീവന് സത്യദർശനത്തിന് വഴിയുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം പോലെ തന്നെ ഒരു കൃത്യമാണ് പക്വമായൊരു ജീവന് സ്വാനുഭൂതി സമ്പന്നനായ ഒരു ആചാര്യൻ്റെ അടുത്ത് ചേർക്കുക എന്നുള്ളത് അപ്പോ പ്രകൃതിയിലുള്ള മറ്റ് നിയമങ്ങളൊക്കെ തന്നെ കാലം കൊണ്ടും ബാധിക്കപ്പെടാത്തതുപോലെ തന്നെ ഇതും ഒരു കാലം കൊണ്ടും ബാധിക്കപ്പെടാത്തതാണ് ഏതെങ്കിലും വഴിക്ക് നമുക്കത് സൂചന തന്ന് നമ്മളെ എവിടെ ചേർക്കണമോ അവിടെ ചേർത്തോളൂ ഇവിടെ ഈ മധുര കവയും വടക്ക് ദേശത്ത് പ്രാർത്ഥിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ് എനിക്ക് വഴി കാണിക്കില്ലേ എനിക്ക് എവിടെ നിന്ന് ഉപദേശം കിട്ടും എനിക്ക് ആ ഒരു വഴി കാണിക്കും എന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ആകാശത്തിലെ ഒരു എന്താ വാൽനക്ഷത്രം പോലെ പക്ഷെ വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു നക്ഷത്രം ഇദ്ദേഹം കണ്ടു നക്ഷത്രം പോലെ അതിനെ പിന്തുടർന്നുകൊണ്ട് ഇദ്ദേഹം നടന്നു ഒരു ഇൻട്യൂഷൻ ഇതിന്റെ പുറകെ നടക്കാൻ നടന്നു രാത്രി മുഴുവൻ നടക്കും പകലായാൽ വിശ്രമിക്കും പിന്നെയും രാത്രി കാണും രാത്രി നടക്കും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 ദക്ഷിണാമൂർത്തിയെ പോലെ അങ്ങനെ മൗനമായി ശാന്തനായി പ്രശാന്തനായി കണ്ണു തുറന്ന് വിഷ്ണോഹോ പരമം പദം സദാ കണ്ണു ചമിട്ടാതെ ഇരിക്കുന്നുണ്ട് അപ്പോ നാട്ടുകാരൊക്കെ പറഞ്ഞു അദ്ദേഹം സംസാരിക്കാറില്ല മിണ്ടില മൗനിയാണ് എന്നാലും മധുരകവിക്ക് ഇതൊന്നും ഒരു ചോദ്യം ചെന്ന് നമ്മാഴ്വാരുടെ അടുത്ത് ചോദിക്കുകയാണ് വളരെ പ്രസിദ്ധമായ ചോദ്യം രമണു മഹർഷിയുടെ അടുത്ത് കാവ്യകണ്ഠ ഗണപതി മുനി ചോദിച്ച മഹർഷിയുടെ കഥ ഏകദേശം ഇതേപോലെയാണ് കാവ്യകണ്ഠൻ വരുന്നവരെ മിണ്ടായോ വർത്തമാനം പറയോ ഒന്നും ചെയ്തുകൊണ്ടിരുന്നില്ല കാവ്യകണ്ഠ ഗണപതി മുനി വന്ന് ചോദിച്ചിട്ടാണ് ആദ്യത്തെ ഉപദേശം കൊടുക്കുന്നത് അതേപോലെ മധുരകവി ചോദിച്ചു ആ ചോദ്യം തന്നെ അദ്ദേഹം വളരെ പക്വിയാണെന്നുള്ളതിനെ തെളിപാടും ചിത്തൻ വയത്തിൽ സിതൊണ്ട് പിറന്നാൽ എത്തെ തിടക്കും ഇതാണ് ചോദ്യം ചിത്ത് പൂർണ്ണമായ വസ്തു ആത്മാവ് ബോധം എന്നൊക്കെ അർത്ഥം പറയാം അതിൽ സിയതൊണ്ട് വൈദികമായ സമയം പറയുകയാണെങ്കിൽ ഭൂമ എന്നും അല്പമെന്നും പറയാം ഭൂമ എന്നു വച്ചാൽ അതിരില്ലാത്തത് ഈ ആത്മോപദേശ ശതകത്തിൽ ഒരുപാട് പാട്ടുകളിൽ ഗുരുദേവൻ അതിരറ്റ അതിരറ്റ അതിരറ്റ എന്ന് വിശേഷണം കൊടുക്കണുണ്ട് അതിരൊക്കെ തനി മനസ്സുണ്ടാക്കണതാണ് മനസ്സാണ് ഒരു വസ്തുവിന് അതിര് ഉണ്ടാക്കണത് അതിരറ്റതാകയാൽ അതിനൊരു അതിരില്ല എന്നാണ്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 ഇതില്ല എഴുന്നേറ്റുടനെ ആദ്യം വന്നു ഞാൻ ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ചിത്തിൻ ഭൂമാവിൽ നിന്നും അല്പമുദിക്കണത് ഒരു ബൈഫർക്കേഷൻ ഒരു ലോക്കലൈസ്ഡ് എക്സ്പീരിയൻസ് ഓഫ് പെർസണാലിറ്റി ഒരു സ്ഥലത്തെ ഏകദേശീയ സത്ത ഞാൻ ഇവിടെ ഉള്ള ആളാണ് ഇന്നവനാണ് ഇന്നന്ന വിശേഷണങ്ങളോട് കൂടിയവനാണെന്ന് എനിക്ക് തോന്നണണ്ടല്ലോ ഈ അഭിമാനം ഈ പ്രതീതി ഇതിനെയാണ് നമ്മൾ അഹങ്കാരം എന്ന് പറയണത് ഇത് ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണു കണ്ണിലൂടെ രൂപത്തിനെയും ചെവിയിലൂടെ ശബ്ദത്തിനെയും മൂക്കിലൂടെ മണത്തിനെയും നാവിലൂടെ രുചിയെയും ത്വക്കിലൂടെ സ്പർശത്തിനേയും ഭുജിക്കുകയാണ് ഇര മുതലായവ വരും ഗുരുദേവൻ ഇതിൽ ഒരു പാട്ടിൽ പറഞ്ഞു വീണ്ടും ഈ ഇര മുതലായത് ഇരന്ന് വെച്ചാൽ ഭോജ്യം ഭോഗ്യമായിട്ടുള്ള വിഷയങ്ങൾ വീണ്ടും ഈ ജീവന്റെ മുമ്പിൽ വന്ന് ഇതിനെയൊക്കെ ഭുജിക്കലാണ് ഈ ജീവൻ ചെയ്യണത് അപ്പോ മദരുകി ചോദിക്കുകയാണ് എനിക്ക് ഭുജിക്കാനുള്ളത് എവിടെ ചിത്തിൻ വയത്തിൽ ചെറിയ തോണ്ട് പിറന്താൽ തിണ്ട് എന്തിനെ തിന്നിട്ട് എവിടെ കിടക്കും ചോദിച്ചു അതിന് തിന്നാനുള്ളത് സാധാരണ ഈ പ്രപഞ്ചാണല്ലോ പ്രപഞ്ചമാണ് തിന്നാനുള്ള വസ്തു കാണുന്നത് ലോകമാണ് തിന്നാനുള്ളത് ദൃശ്യം ശ്രാവ്യമായിട്ടുള്ളതാണ് തിന്നാനുള്ളതായിട്ട് കിടക്കണത് അതിനെയല്ലേ തിന്നണത് ജീവൻ അപ്പോ എതിനെ തിന്നും ചിത്തിൽ നിന്ന് അത് സെപ്പറേറ്റ് ആയിട്ട് വന്നു ഇനിയിപ്പത് എന്തിനെയാണ് അനുഭവിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് നേടേണ്ടത് എത്തൈ തിണ്ട് എങ്കേ കിടക്കും എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് മൗനിയായിരുന്ന നമ്മാഴുവർ ആദ്യമായിട്ട് പറഞ്ഞു അത്തൈ തിണ്ട് അങ്കേ കിടക്കും അത് വെളിയിലുള്ള ദൃശ്യത്തിനെ അനുഭവിക്കുന്നതിന് പകരം വിഷയത്തിനെ ഭുജിക്കുന്നതിന് പകരം തൻ്റെ പിറപ്പിടത്തിൽ തന്നെ കിടക്കുമെന്നാണ് താൻ മൂലത്തിൽ നിന്ന് എവിടെ നിന്ന് ഉദിച്ചുവോ അവിടെ തന്നെ ലയിച്ച് അതിൽ തന്നെ അതായിട്ട് ആഴിയിലടങ്ങിയ ആഴിയായി മാറുന്ന പോലെ സമുദ്രത്തിലേക്ക് വീഴുന്ന ആ കുമിള തന്നെ മാറുന്ന പോലെ അത്തൈത്തിണ്ട് അഖണ്ഡത്തിനെ അനുഭവിക്കുമ്പോഴേ അതിന് പൂർണതയാവുള്ളൂ അഖണ്ഡത്തിനെ അനുഭവിക്കുമ്പോഴേ അതിന് സംതൃപ്തിയാവുള്ളൂ ഖണ്ഡത്തിനെ അനുഭവിക്കുമ്പോ അതിന് സംതൃപ്തി ഉണ്ടാവില്ല അപ്പൊ അതിനെ അത്തൈത്തിൻ്റെ അങ്കേ കിടക്കും ആ ഒറ്റ ഉപദേശം തന്നെ മധുരകവി ആഴ്വാർക്ക് സംതൃപ്തി ആയിരുന്നു ആ അത് എന്ന് പറഞ്ഞല്ലോ ആ അതിനെ തന്നെയാണ് കൃഷ്ണനായിട്ട് മധുരകവി നമാഴ്വാർ പാടിയതും പിന്നീട് നമ്മാഴ്വാർ പാടുക ഒക്കെ ചെയ്തു നോക്കുന്ന മധുരകവി ആഴ്വാറാണ് എഴുതിയെടുത്തത് തിന്നും ഉണ്ണും ചോറും തിന്നും വെറ്റിലയും കൃഷ്ണൻ കണ്ണെന്നു ഉണ്ണുന്ന ചോറും തിന്നുന്ന വെത്തിലൊക്കെ കൃഷ്ണനായിട്ട് തീർന്നു അത് അത് എന്ന് പറഞ്ഞു അതിനെ കണ്ടോണെ കൃഷ്ണന് ഭഗവത് രൂപത്തിനെ പറയുമ്പോ അതിനെ അടുത്ത് അങ്ങട് ഉണ്ണമെന്ന് തോന്നി അത്രേ എനിക്ക് അതിനടുത്ത് വിഴുങ്ങണമെന്ന് തോന്നി പക്ഷെ അടുത്ത് ചെന്നപ്പോ എന്നെയും പാരിക്ക ഉണ്ണക്കണ്ടെന്ന് ഞാൻ അടുത്ത് ചെന്നതും എന്നെ ആ കണ്ണൻ വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് എപ്പോഴും ആ ഭൂമാവ് ഈ അല്പത്തിനെ വിഴുങ്ങുന്ന സ്വഭാവത്തോടു കൂടിയതാണ്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 ഈ വലിയ ആന കൊമ്പനാന ഉണ്ടല്ലോ അതൊന്നിനും അടങ്ങില്ല പക്ഷെ സിംഹം സ്വപ്നത്തിൽ വന്നാ മതിയത്രെ അത് പേടിച്ചു പോകുന്നതാണ് അതുപോലെ ഈ അഭിമാന വൃത്തി എപ്പോ സദ്ഗുരുവിന്റെ ഉപദേശം കേൾക്കണമോ എപ്പോ നീ ഈ ജീവനോ അഹന്തയോ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ല ഇതിനൊക്കെ പിറപ്പിടമായിരിക്കുന്ന ആ മൂലസംവിത്ത് ആ അഖണ്ഡ ബോധം ആ പ്രജ്ഞയാണ് നീ ആ കൃപയോട് കൂടെ ീ ശ്രവിക്കുന്നവനും ശ്രവിക്കുന്ന വിഷയത്തിൽ നിന്നും ശ്രോതാവായ തൻ്റെ അവബോധത്തിൽ ശ്രദ്ധ തിരിച്ച് ഒരു ക്ഷണത്തിൽ സോഹമസ്മി എന്ന പ്രത്യഭജ്ഞ ഉണ്ടായി നിന്നാൽ അവന് ആവരണം ഒഴിയും അവന് ആവരണം നീങ്ങും പിന്നെ അവന് സംശയമില്ല ഈ അഹം എന്നുള്ളത് അവന് സംശയമില്ല അവന് അറിവ് അഹമെന്നത് രണ്ടും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 ആവരണമൊഴിഞ്ഞവന് ഇതിനകത്ത് അഹമെന്ന വ്യക്തി അഭിമാനം സാക്ഷാത് സർവേശ്വരൻ തന്നെയാണ് പൂർണ്ണവസ്തു തന്നെയാണ് ബ്രഹ്മം തന്നെയാണ് അന്യനുണ്ടു വാദം അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം വാദം എന്ന് വെച്ചാൽ അവന് സംശയമുണ്ട് അവൻ മറ്റു പലതുണ്ടെന്ന് പറയും അവൻ പറയും അങ്ങനെയല്ല എന്ന് പറയും യുക്തികൾ പലവിധ യുക്തികൾ അവൻ പറയും ഇതൊക്കെ പറയുമ്പോഴും പലവിധ യുക്തികൾ പറയും എന്താന്ന് വെച്ചാൽ അങ്ങനെയല്ല ഇത് ജീവനാണ് അത് ബ്രഹ്മമാണ് ആത്മാവാണ് പരമാത്മാവാണെന്ന് പറയും ഇവിടെ പല വസ്തുക്കൾ ഉണ്ടെന്ന് പറയും അനാലിസിസിലേക്ക് അവൻ്റെ ബ്രെയിൻ പോകും അതൊക്കെ പോകും അറിവിനെ വിട്ടഹമന്യമാകുമെന്നാൽ ഈ അറിവിനെ വിട്ട് അഹം നിൽക്കുമെങ്കിൽ അഹമും അറിവും ഒന്നാണെന്നാണ് നമ്മളിപ്പോൾ അറിവെന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടുള്ള അറിവിനെയാണ് അറിവെന്ന് വിളിക്കുന്നത് ബുദ്ധി കൊണ്ടുള്ള അറിവിനെയാണ് റിവെന്ന് വിളിക്കണത് പക്ഷേ ജ്ഞാനികൾ അറിവെന്ന് പറയണത് ബുദ്ധിക്കും പ്രകാശം നൽകുന്ന അറിവിന്റെ മൂല ഘടകത്തിന് ആ സോഴ്സിനെയാണ് അറിവെന്ന് പറയണത് ഇവിടെ അത് സ്വയമേവ അറിവാണ് അതിന് അത് സ്വയമേവ അറിവാണ് ആ അറിവ് അറിവിനെ അറിവും അഹവും രണ്ടാവാനേ പറ്റില്ല എന്താന്ന് വെച്ചാൽ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 അസ്ഥിത്യേവോപലബ്ധ്യ തത്വഭാവ പ്രസീതധി ഉണ്ട് എന്നുള്ള രീതിയിൽ വേണം ആ സത്യം ആ ബ്രഹ്മം അറിയപ്പെടാൻ കേവലമായ അസ്തിത്വം അസ്മിത്വമല്ല അസ്തിത്വം അസ്ഥിത്വ രൂപത്തിൽ അതിനെ തെളിച്ചു കിട്ടിയാൽ തത്വം തെളിയും അങ്ങനെ തത്വം അകമേക്ക് തെളിഞ്ഞാൽ പുറമേക്ക് ഒക്കാത്തത് തന്നെ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 ദേഹമടക്കം ആ ബോധത്തിൽ ഒരു അപ്പിയറൻസ് മാത്രമാണ് അത് വന്നു പലതും ചെയ്യും മറഞ്ഞുപോകും പക്ഷേ ഈ തത്വത്തിൽ ശ്രദ്ധയുണ്ടായവന് തനിക്ക് ഒരു മാറ്റവും വരണേണ്ടതെന്ന് തോന്നില്ല അവന് ദേശമില്ല കാലമില്ല അവന് പ്രത്യേകിച്ച് ഇനി ധ്യാനമോ സാധനയോ ഒന്നുമില്ല കാരണം ആരെ സാധന ചെയ്യും ആര് ധ്യാനിക്കും സാധിക്കാൻ എന്തുണ്ട് നേടിയെടുക്കാൻ എന്തുണ്ട് അവന് ദേശകാലങ്ങളില്ല ദേശകാലങ്ങളൊക്കെ മനസ്സിന്റെ കല്പനയാണ് ഇന്നലെ പറഞ്ഞുവല്ലോ ഭൂതം വർത്തമാനം ഭാവിയൊക്കെ മനസ്സിന്റെ മനസ്സാകുന്ന പെന്റുലം ഉണ്ടാക്കണതാണ് വർത്തമാന ആ ഇപ്പോ എന്ന് പറയുന്ന കാലത്തിന് ശ്രദ്ധിച്ചാൽ കാണാം അതില് മനസ്സ് നിൽക്കാൻ പറ്റില്ല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 തെളിഞ്ഞ് തെളിഞ്ഞ് മനനം ചെയ്ത് മനനം ചെയ്ത് അകമയിൽ നിന്നും വെണ്ണ തിരണ്ടു വരുന്ന പോലെ തിരണ്ടുവരും നവ്യവത് ഹൃദയേയജ്ഞ ബ്രഹ്മൈതദ് ബ്രഹ്മവാദിബി ഭാഗവതത്തിലൊരു ശ്ലോകാണ് പതുക്കെ പതുക്കെ ശ്രവണ മനനം ചെയ്യുന്നവർക്ക് നല്ല വെണ്ണ തരണ്ടു വരുന്ന പോലെ മധുരമധുരമായി പ്രതിബോധം ഇത് തെളിഞ്ഞു വരും പ്രതിബോധവിദിത്തം മതം ബോധം ബോധം പ്രതിവിദിത്തം മൊമെൻ്റ് ബൈ മൊമെന്റ് ഇൻ ഈച്ച് ആൻഡ് എവറി അവേർനെസ് ഓരോ ക്ഷണത്തിലുമുള്ള അവബോധത്തില് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം പൂർണ്ണമാണ് പൂർണ്ണമാണ് പൂർണ്ണമാണ് പൂർണ്ണമാണ് പൂർണ്ണമാണ്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 എപ്പോഴും ഉള്ളത് ഇപ്പോന്നുള്ള കാലാണ് ശ്രദ്ധിക്കാൻ പ ശ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ അത് ഈ ഒരു ഒരു എന്താ വസ്തുസ്ഥിതി കണ്ടാൽ നമ്മൾക്ക് ഇതിന്റെ കൗശലം മനസ്സിലാവും മായ നമ്മളെ പറ്റിക്കുന്നത് ഈ കൗശലം കൊണ്ടാണ് ടൈം ആളുകളൊക്കെ അധ്യാത്മ ജീവിതത്തിലേക്ക് വരുമ്പോഴും ചോദിക്കും എത്ര കാലം എടുക്കും ഈ സാക്ഷാത്കാരം നേടാനാണ് പാട്ടൊക്കെ പഠിക്കണ പോലെ ചോദിക്കും ഒരു ബുദ്ധൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞൊരു കഥയുണ്ട് പണ്ടൊരു മാഗസീനിൽ വന്നിരുന്നു ശിഷ്യൻ ചോദിച്ചു അത്രേ ബുദ്ധൻ്റെ അടുത്ത് എത്ര നേരം ആവും ഹൗ മച്ച് ടൈം ഇറ്റ് ടേക്ക് ടു അറ്റൈൻ അപ്പൊ ബുദ്ധൻ പറഞ്ഞു പെർഹാപ്സ് വൺ മിനിറ്റ് ഒരു മിനിറ്റ് ആവുമെന്നാണ് ഒരു മിനിറ്റോ ഇറ്റ് ഇറ്റ് അതിൽ അമ്പത്തൊമ്പത് സെക്കൻഡ് അധികം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 പിന്നെയൊക്കെ ചില ജ്ഞാനികളും ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഒരു കാരുണ്യം കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ പറയുകയാണെന്ന് അതൊക്കെ ഈ കേൾക്കുന്ന ആളുകളുടെ ഹിതത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് വേദാഹം ഏതം പുരുഷം മഹാന്തം എന്നൊക്കെ പറഞ്ഞു കൃപകൊണ്ട് കാരുണ്യം കൊണ്ട് അല്ലാതെ ഞാൻ അറിഞ്ഞു എന്ന് അഭിമാനിക്കാനോ അഭിമാന വൃത്തിയോടുകൂടെ ലോകത്തിലെ മറ്റു പലതും ക്ലെയിം ചെയ്യണ പോലെ ഇതും എനിക്ക് സ്വാധീനമായി എന്ന് അഭിമാനിക്കാനോ എന്താന്ന് വെച്ചാൽ ആ അഭിമാനിക്കുന്ന ക്ഷണത്തിൽ അത് പോയി പോകും ഏകദേശീയ സത്ത വന്നു പോകും അഭിമാനിക്കാൻ ഒക്കില്ല അവന് എല്ലാം അതാണ് താൻ തന്നെയാണ് സകലത്തും സകലത്തും അതാണെന്ന് കാണുമ്പോഴാണ് അവൻ പൂർണ്ണമാവണത് ഇവിടെ ഞാൻ പൂർണ്ണമാണ് നിങ്ങൾ അതല്ലെന്ന് കണ്ടാൽ ഞാൻ പൂർണ്ണമാവില്ല അഖിലരും അതാണ് അതിൽ നിന്നാണ് അൻപ് പ്രിയം ഉണ്ടാവണതേ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 അത് നമുക്കറിയാം കുറച്ചൊക്കെ അതുകൊണ്ടാണ് ഉദാഹരണം പറഞ്ഞത് അതേപോലെ ജ്ഞാനികൾ താൻ അവർ കാണുന്നവരിലേക്കുള്ള ദൃഷ്ടി അവരവരെ തന്നെ ആയതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ അതിരില്ലാത്ത ഒരു അൻപ് ഒരു പ്രിയം ഇതാണ് ഗുരുദേവൻ പറഞ്ഞു അരുള് അൻപ് അൻപ് അരുൾ അനുകമ്പ ഇത് മൂന്നും ഒന്നാണെന്ന്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 മാതൃത്വം പ്രകൃതിയുടെ ആണ് സ്ത്രീകളിൽ തൽക്കാലത്തേക്ക് ആവേശിക്കുകയാണ് കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടി ആ സ്ത്രീയിലൂടെ വിശ്വമാതൃത്വം ആ ജനനി ആ ജഗജനീ തൽക്കാലത്തേക്ക് മാനിഫെസ്റ്റോണതാണ് ഇനി ഞാൻ ആദ്യമായിട്ട് കണ്ടത് തൃശ്ശൂരിൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഒരു പൂച്ച പറ്റും പെറ്റപ്പോ രണ്ട് ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം ആ പൂച്ച അടുത്ത് ഒരു കിണറ്റില് വീണ് ചത്തുപോയി ഈ പൂച്ചക്കുട്ടികൾ ആ വീട്ടിലുള്ളവർ ഈ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നതിൽ വലിയ താല്പര്യം ഈ പൂച്ചക്കുട്ടിയെ അവര് എന്തു ചെയ്യണം അതെങ്ങനെ വളർത്തും അതിനെന്ത് കൊടുക്കും പാല് കൊടുക്കാനൊന്നും പറ്റില്ല വിഷമിച്ചിരിക്കുമ്പോൾ മറ്റൊരു പൂച്ച അവിടെ വന്നിട്ട് അത് പ്രസവിച്ചിട്ടൊന്നുമില്ല അതിന് ഈ കുട്ടികളെ കാണുമ്പോൾ പാല് വരാൻ തുടങ്ങി പാല് കൊടുക്കാൻ തുടങ്ങി പാല് കൊടുക്കുകയും ഈ കുട്ടികളെ തൻ്റെ കുട്ടികളായി കരുതുകയും നമ്മളൊന്ന് അടുത്തു പോവാനേ സമ്മതിക്കില്ല കാവല് കാത്തുകൊണ്ടിരിക്കും തള്ളപ്പൂച്ച പോലും ഇങ്ങനെ നോക്കുമോ സംശയമാണ് അത്ര സ്നേഹത്തോടുകൂടി കുട്ടികളെ നോക്കുകയാണ് ഇത് മെഡിക്കൽ സയൻസിൽ ചോദിച്ചാൽ അവര് സിയോഡോ പ്രഗ്നൻസി എന്നൊക്കെ പേരൊക്കെ പറയും നമുക്ക് അറിയാത്തത് പേര് വെക്കാം അത്രേ ഉള്ളു അപ്പോ എന്താ ആ കു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 ആ കൊരങ്ങുകുട്ടി ചോട്ടൽ വന്നതും തന്റെ എരയെ അങ്ങനെ നീക്കി വെച്ചിട്ട് ആ കുട്ടിയെ നക്കിത്തൊടച്ച് എടുത്ത് ആ മരത്തിന്റെ കൊമ്പിൽ കൊണ്ടുവച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് രാത്രി മുഴുവൻ കെട്ടിപ്പിടിച്ച് കിടന്ന് ഈ കഴുതപ്പുലികളൊക്കെ അതിനെ ഉപദ്രവിക്കാൻ വരണം ഈ കഴുതപ്പുലികളെ ഓടിച്ചു പുലി ഈ കഴുതപ്പുലികള് ഇത് പിടിച്ചു വെച്ച തിന്നുന്നു ഇതിന് കംപ്ലൈൻറ്റേ ഇല്ല അതൊക്കെ തിന്നോളൂ ഈ കുരങ്ങുകുട്ടിയുടെ അടുത്ത് വരയരുത് തന്നാണ് കുട്ടി കുരങ്ങൻ്റെ അടുത്തേക്ക് വരരുത് ഞാൻ നോക്കുക